അവരെറിഞ്ഞപ്പോൾ മൂസ അലി ഹിസ്ലാം പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നത് മാന്ത്രികവിദ്യയാണ് തീർച്ചയായും അള്ളാഹു സുബഹാനഹുവ ചായാല അതിനെ ഇല്ലാതാക്കും തീർച്ചയായും അള്ളാഹു സുബഹാനഹുവ ചായാല നാശകാരികളുടെ പ്രവൃത്തിയെ ശരിയാക്കുകയില്ല